പലരുടെയും പ്രശ്നം ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ എനിക്ക് സമ്പന്നനാകണം കോടീശ്വരനാകണം പക്ഷെ അവർക്കൊരു ക്ലാരിറ്റി ഇല്ല എനിക്ക് മാസം ഒരു ലക്ഷം രൂപ സമ്പാദിക്കണം അതൊരു ക്ലാരിറ്റി ഉണ്ട് കൃത്യമായിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയണം പലർക്കും ക്ലാരിറ്റി ഇല്ല അതുപോലെ തന്നെ ഭയങ്കര ഡൌട്ടാണ് നമുക്ക് എപ്പോഴും വേണ്ടത് വിശ്വാസമാണ് ഞാൻ ഈ ഓരോ ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഇതൊക്കെ നടന്നു കഴിഞ്ഞു പൂർണ്ണമായ വിശ്വാസത്തോടെയാണ് പ്രാക്ടീസ് ചെയ്തത് അതുകൊണ്ടാണ് നമ്മള് ഡൗട്ട് അടിച്ചാൽ ഡൗട്ട് മാനിഫെസ്റ്റേഷനെ തടയിപ്പോ നമ്മളൊരു ചെടി കൊണ്ടുവന്നു മണ്ണില് കുഴിച്ചു വെച്ചു എല്ലാ ദിവസവും ചെറുതായി വേര് വന്നോ വേരു വന്നോന്നോ നേരിട്ട് പിഴുനോക്കൂലേ ഇതാണ് ഡൗട്ട് ഉള്ളവരുടെ അവസ്ഥ മാനുഫെസ്റ്റേഷൻ നടക്കില്ല